അനന്തരം മിം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയും രാജാവുമായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു ഭറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ ോസെഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിൽ ആക്കി അകമ്പടി നായകൻ അവരെ യോസെഫിന്റെ പക്കൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു അവർ കുറെ കാലം തടവിൽ കിടന്നു മിശ്രയും രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ം കണ്ടു രാവിലെ യോസെഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടു കൂടെ തടവിൽ കിടക്കുന്നവരായ ഹറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്തോ എന്ന് ചോദിച്ചു അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്നു പറഞ്ഞു യോസെഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ അത് എന്നോട് പറവീൻ എന്ന് പറഞ്ഞു അപ്പോൾ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ തന്റെ സ്വപ്നമറിയിച്ചു പറഞ്ഞത് എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി മുന്തിരി മൂന്ന് കൊമ്പ് അത് തളിർത്തു പൂത്തു കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു ഫറവോന്റെ പാനപാത്രം എന്റെ കൈയ്യിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴം പറ പാനപാത്രത്തിൽ പിഴിഞ്ഞു പാനപാത്രം പറവോന്റെ കയ്യിൽ കൊടുത്തു യോസേഫ് അവനോട് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊമ്പ് മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം പറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്ത് ആക്കും നീ പാനപാത്ര വാഹകനായി മുമ്പലത്തെ പതിവുപോലെ പറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് പറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടിവില്ക്കണമേ എന്നെ എ ബ്രായരുടെ ദേശത്തുനിന്ന് കട്ടുകൊണ്ടുപോന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസെഫിനോട് ഞാനും സ്വപ്നത്തിൽ എന്റെ തലയിൽ വെളുത്ത അപ്പമുള്ള മൂന്ന് കൊട്ട കണ്ടു മേലത്തെ കൊട്ടയിൽ പറവോന്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു പക്ഷികൾ എന്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്നു പറഞ്ഞു അതിന് യോസെഫ് അതിന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊട്ട മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം പറവോൻ നിന്റെ തലവെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയും എന്നു തരം പറഞ്ഞു മൂന്നാം നാളിൽ പറവോന്റെ തിരുനാളിൽ അവൻ തന്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു തന്റെ ദാസന്മാരുടെ മധ്യെ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയേയും ഓർത്തു പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയെ പറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവന്റെ സ്ഥാനത്താക്കി അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു യോസെഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു